sarvanam bhansyah azna namami tu namami tehi siddhihi പരമ്പരയെ സ്മരിച്ചുകൊണ്ട് മുപ്പത്തിരണ്ടാം മന്ത്രം ഉപനിഷം ഭൂ ബ്രോഹി തേ ഉപനിഷത് ഉപനിഷ്വം അനുശി ശിഷ്യ ആചാര്യം ഉച്ച ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആദ്യം ശിഷ്യന്റെ ചോദ്യങ്ങൾക്കനുസരിച്ച് ആചാര്യൻ പരമമായ തത്വത്തെ വെളിപ്പെടുത്തി സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു തത്വഗ്രഹണത്തിന് വൈഷമ്യമുള്ള ആ അധികാരികളെ ഉദ്ദേശിച്ച് പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഏവം അനുശിഷ്ട ശിഷ്യ ഇങ്ങനെയെല്ലാം ഉപദേശിക്കപ്പെട്ടവനായ ആ ശിഷ്യൻ ആചാര്യം വായിച്ച ആചാര്യനോട് ചോദിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇവിടെ ഒരു ഗുരു ഒരു ശിഷ്യൻ ബാഹ്യമായിട്ടാകാം ആന്തരികമായും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഗുരുവിൻ്റെ മനസ്സിലുണ്ടാകുന്ന വീണ്ടും വരുന്ന ചോദ്യങ്ങൾ അതിന് വരുന്ന സമാധാനം ഗുരു ഭാഗ്യമായി ഉപദേശിച്ചാലും ആത്യന്തികമായ സമാധാനം ശിഷ്യന്റെ ഉള്ളിൽ തന്നെ വരണം ഗുരു സമാധാനം പറയുന്നു പക്ഷേ കേൾക്കുന്നു പറയുന്ന എന്താണോ ആ സമാധാനം എനിക്ക് ബോധിച്ചു ബോധനം ആത്മനിഷ്ഠമായി സംഭവിക്കുന്നു അത് സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചു മനസ്സ് സമാധാനത്തിന് വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ടിരിക്കും അതിന് വീണ്ടും ഇവിടെ ചോദ്യം വരുന്നു ഉപനിഷതം രഹസ്യം യച്ഛിന്തിയും ഭഗവൻ ബ്രൂഹി ഉപനിഷതം ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ മുഖ്യമായ അർത്ഥം രഹസ്യമെന്നാണ് ഉപനിഷതും രഹസ്യം അതങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ ഗുരു ഉപദേശിച്ചു ഗുരുവിനെ സംബന്ധിച്ച് മാറി മാറി ഉപദേശിക്കാനൊന്നുമില്ല ഒരു കാര്യം തന്നെ പക്ഷെ ശിഷ്യന് തോന്നും ഇനിയുമെന്തോ ഉപദേശിക്കാനായിട്ടുണ്ട് രഹസ്യമായി ഇനിയെന്തോ അവശേഷിക്കുന്നുണ്ട് രഹസ്യം ചിന്തിയും വാസ്തവത്തിൻ്റെ ഒരേ ഉപദേശം തന്നെ ശിഷ്യന് കൂടുതൽ വെളിപ്പെടുന്നതാണ് അതാണ് ഗുരു ഉപദേശിക്കുന്നത് തത്തുമസി അതുതന്നെ ഗുരുവിനെ മാറ്റാൻ കഴിയില്ല എത്ര മുമ്പോട്ട് പോയാലും അത് ഉപദേശിക്കും ശിഷ്യൻ അവന്റെ ഓരോ തലത്തിൽ നിന്ന് അവന് വെളിപ്പെടുന്നത് വ്യത്യസ്തമായിട്ട് അത് വെളിപ്പെടുന്നത് അവൻ വിചാരിക്കും ഈ ഉപദേശത്തിന് ഇനിയും എന്തോ രഹസ്യം ബാക്കിയുണ്ട് മുഴുവൻ ഉപദേശിച്ചിട്ടില്ല ഗുരുവിന് തത്വമസി എന്നുള്ള മാറ്റാൻ കഴിയില്ല വലിപ്പടത്തിടത്തോളം കാലം ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം രഹസ്യം അവശേഷിക്കും ചിന്ത അതുകൊണ്ട് ചോദിക്കുന്നു വനിഷം ഭോ ബ്രോഹിത്യവും മുക്തപതി ശിഷ്യാഹ ആചാര്യ അങ്ങനെ ശിഷ്യൻ ആവശ്യപ്പെടുമ്പോ മുക്തപതി ശിഷ്യെ അങ്ങനെ പറഞ്ഞ ശിഷ്യനൻ ശിഷ്യനോട് ആചാര്യ ആഹാ ആചാര്യം പറയുന്നു പറഞ്ഞുകഴിഞ്ഞല്ലോ ഉപനിഷത്ത് രഹസ്യം നിന്നോട് പറഞ്ഞത് തന്നെയാണ് രഹസ്യം അത് നിനക്ക് വെളിപ്പെട്ടിട്ടില്ല എങ്കിലും അത് വേറൊരു കാര്യം പക്ഷെ ഇനി പുതുതായി പറയേണ്ട രഹസ്യമില്ല ഇനി വേണമെങ്കിൽ കൂടുതൽ വിശദീകരിക്കാം ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ് ഇനി ഗുരു ചെയ്യുന്നത് പക്ഷെ ഉപനിഷത്തെന്താണോ അത് പറഞ്ഞു കഴിഞ്ഞു ശ്രോത്ര ശ്രോത്രം മനസ്സോ മനോയത്വം എന്ന് പറഞ്ഞപ്പോൾ അതായി കഴിഞ്ഞു കാപ്പുനസ എന്താ പറഞ്ഞത് വിദ്യഹ ബ്രാഹ്മീം ബ്രാമീം പരമാത്മാവിൻ്റെ ദയാവിദ്യ പരമാത്മവിഷയതീതവിജ്ഞാനൂമ പരമാത്മാവിഷയമായിട്ടുള്ള ഉപനിഷത്ത് അത് പറഞ്ഞു കഴിഞ്ഞു ശിഷ്യൻ പറയുന്നു എനിക്ക് അങ്ങനിയും ആ രഹസ്യത്തെ ഉപദേശിക്കണം ഗുരു പറയുന്നു ഉപദേശിച്ചു കഴിഞ്ഞു ആത്മവിദ്യയെ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു അബ്രൂമ ബ്രാഹ്മിം ഭാവത്തെ ഉപനിഷത്ത് അബ്രൂമ ബ്രാഹ്മിം ഭാവവൈ അത് തന്നെ രണ്ടാമതൊരു പനിഷ്യത്തില്ല മറ്റുപനിഷത്തേ ഉള്ളൂ ഉപദേശം ഒന്നേ ഉള്ളൂ ശ്രോതാവിന്റെ പാകതയ്ക്കനുസരിച്ച് അത് വ്യക്തമാകും അതുകൊണ്ട് ഗുരുവിന്റെ ഭാഗത്തു നിന്ന് ഉപദേശങ്ങൾ ശിഷ്യന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഉപദേശം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരു വൻഷത്ത് രണ്ടു വനിഷത്ത് അങ്ങനെ ദശോപനിഷത്ത് വരെ പോകും അതിനും കൂടുതലുണ്ട് എന്തുകൊണ്ട് ശിഷ്യന്റെ ജിജ്ഞാസ ശമിക്കുന്നില്ല ശിഷ്യന്റെ ഗ്രഹണം പൂർണമാകുന്നില്ല അപ്പൊ ഗുരു ഇതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകും അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ബ്രാഹ്മിൻ ആ ബ്രാഹ്മിയായ തത്വത്തെ ബ്രഹ്മസംബന്ധിയായിരിക്കുന്നു ബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്ന ആത്മസ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ആ തത്വത്തെ അതുപദേശിച്ചു കഴിഞ്ഞു പരമാത്മവിദ്യ ഉപനിഷത്ത് അബ്രൂമ ഇത് അവധാരേതി ഉത്തരാർത്ഥം അബ്രൂമ വീണ്ടും പറഞ്ഞത് പരമാത്മവിഷയാം ഉപനിഷ്ടം ശ്രുതവധ ഉപനിഷം്രൂഹി പൃച്ഛത ശിഷ്യസക്കോ അഭിപ്രായ ഉപനിഷത്താണ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ശിഷ്യൻ അത് കേട്ടുകഴിഞ്ഞു വീണ്ടും ഉപനിഷം എന്ന് ചോദിക്കുന്ന ശിഷ്യൻ്റെ താല്പര്യം എന്തായിരിക്കും പലതും വരാം ശിഷ്യന്റെ മനസ്സിൽ പലതും വരാം എന്തൊക്കെയായിരിക്കുമോ നമ്മുടെ ഭാഷകാലം ചർച്ച ചെയ്യുകയാണ് എന്തുകൊണ്ടങ്ങനെ ചോദിച്ചു എതി താവത് ശ്രുതൃതേഷണവ പുനരുദ്ധ അനർത്ഥ്യ അവൻ ഗ്രഹിച്ച കാര്യമാണ് വീണ്ടും കേൾക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മനസ്സിലാക്കിയതിനെ ഇനി എങ്ങനെ മനസ്സിലാക്കും പറഞ്ഞതിന് ഒരിക്കൽ കൂടി എങ്ങനെ രണ്ടാമതറിയും അത് പിഷ്ടപേഷണം പോലെയാണ് നല്ലവണ്ണം അരച്ച് പൊടിയാക്കി കഴിഞ്ഞാൽ ഒന്നിനെ പരമാവധി അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് പൊടിക്കുന്നത് അങ്ങനൊരു പരമാവധി ഉള്ളതാണ് പിഷ്ടപേഷണം അരച്ചതിന് വീണ്ടും അരയ്ക്കുക പൊടിച്ചതിന് വീണ്ടും പൊടിക്കുക അതിന്റെ പരമാവധിയിൽ വീണ്ടും അത് ആവർത്തിക്കുക അത് വ്യർത്ഥമാണ് പുനരുക്തവും അനർത്ഥ പ്രശ്നം ചോദ്യം അനർത്ഥമാവും വീണ്ടും ആവശ്യപ്പെടുന്നു എന്ന് കരുതാൻ നിവൃത്തിയില്ല ഇനി സാവശേഷോക്തോ ഉപനിഷത്ത ഫലവചനോ ഉപസംഹാരോ നയുക്ത പ്രത്യാസ്മാകാതമൃതാഭവീ ുരുപദേശിച്ചപ്പോ കുറച്ച് ബാക്കി വച്ചിട്ട് ഉപദേശിച്ചു സാവശേഷോക്തി മുഴുവൻ പറഞ്ഞില്ല ഇനി പറയാൻ കുറച്ച് ശേഷിച്ചിരുന്നു എന്ന് കരുതാനൊന്നും നിവൃത്തിയില്ല എന്തുകൊണ്ട് ആ ഉപദേശത്തിനൊടുവിൽ ഗുരു എന്താണ് പറഞ്ഞത് പ്രത്യാസ്മാകാ ദമൃത ഭവന്തി ഫലത്തെ പറഞ്ഞു സാധാരണ ഉപദേശത്തിൽ ഫലത്തെ പറയുന്നത് അതിന്റെ ഉപസംഹാരമായിട്ടാണ് ഉപദേശങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അവസാനം പറയുന്നു ഇതിന്റെ ഫലം ഫലശ്രുതി ശ്ലോകങ്ങളിലും മറ്റും ഫലശ്രുതി കാണാറുണ്ട് അത് അവസാനമാണ് അതുപോലെ ഇവിടെയും ഫലശ്രുതി പ്രയത്യാസ്മാൻ ദോക നമൃത ഭവന്തി ആത്മവിദ്യയുടെ ഫലം അമൃതത്വമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനർത്ഥം അതിന് മുമ്പ് പറയേണ്ടതെല്ലാം പറഞ്ഞെന്നാണ് വിദ്യ ഉപസംഹരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി പറയാനെന്തെങ്കിലും ബാക്കി വച്ചിട്ടുണ്ട് എന്ന് കരുതാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ചോദ്യം എന്ന് ചിന്തിക്കാനും നിവൃത്തിയില്ല തസ്യഹ ഫലവചനേനോ ഉപസംഹാരനയുക്ത അങ്ങനെയാണെങ്കിൽ ഈ ഫലവചനം പറഞ്ഞ് ശരിയാകത്തില്ല അതുകൊണ്ട് വീണ്ടും ഒരു ചോദ്യം ഉപനിഷത്തം ഭൂദ്രോഹി അതിന്റെ താല്പര്യം എന്തായിരിക്കും ഉപദേശം അപൂർണമായതുകൊണ്ടാണെന്ന് കരുതാനും ഇവിടെ തീരുന്നില്ല തസ്മ ഉത്തോ ഉപനിഷത്ത് ശേഷവിഷയോ പ്രശ്നവും അനുപന്നേവ അനവശേഷിതത്വ ഒന്നും ബാക്കി വച്ചിട്ടില്ല ഉപദേശം പൂർണമായിരുന്നു അനവശേഷിതമാണ് കുറച്ച് ബാക്കി വച്ചിട്ടാണെങ്കിൽ ഫിസിഷ്യൻ ഇത് മുഴുവൻ ഗ്രഹിക്കാൻ പാടില്ല അവനെ മുഴുവൻ ബോധിപ്പിക്കാൻ പാടില്ല കുറച്ച് ബാക്കിയിരിക്കട്ടെ ഗുരു അങ്ങനെയൊന്നും ഉള്ള സ്വാർത്ഥ ചിന്തയുള്ള ആളല്ല അത് ശിഷ്യൻ മനസ്സിലാക്കി രണ്ടാമത് ചോദിക്കുന്നു എന്ന് കരുതാനൊന്നും വരുത്തിയില്ല കാരണം ഉപദേശിക്കാനൊന്നേ ഉള്ളൂ ഒരു തത്വമേ ഉള്ളൂ തത്വമസി അതാണ് ഇവിടെ ഉപദേശിച്ചത് എന്റെ താൽപ്പര്യത്തെയാണ് പിന്നെ അതിനെന്താ ബാക്കി വയ്ക്കാം അതുകൊണ്ട് ബാക്കി അറിയാൻ വേണ്ടി ചോദ്യം എന്ന് കരുതാനും നിവർത്തിയില്ല കസ്തർഹി അഭിപ്രായ പ്രശ്നിച്ചത് അങ്ങനെയാണെങ്കിൽ പിന്നെന്താ ഈ ഒരു ചോദ്യത്തിന്റെ സാങ്കത്യം ഉപനിഷം ഭോ ദ്രോഹി ഉപനിഷത്ത് ഉപദേശിക്കുന്നു സഹാരി സാധനാന്തരപേക്ഷ പിന്നെ ഇന്നുമ്പ് പറഞ്ഞ ഉപനിഷത്തിന്റെ അംഗമായിട്ട് അതിന് സഹകാരിയായിരിക്കുന്ന മറ്റ് സാധനങ്ങളെ അപേക്ഷിക്കുന്നുണ്ട് ഈ ഉപനിഷാത്മവിദ്യ അതിന്റെ സഹകാരിയായ മറ്റെന്തിനെയെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ കാരണം അടുത്ത് തപസ് സത്യം ഉദമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതെല്ലാം ഇതിനോട് കൂടി ചേരണം അത നിരപേക്ഷ വിദ്യ നിരപേക്ഷമാണോ സാപേക്ഷമാണോ ഞാനിവിടെ ചിന്തിക്കുന്നത് ആത്മവിദ്യ നിരപേക്ഷമാണോ സാപേക്ഷമാണോ ചർച്ചയുടെ താൽപര്യമാധ്യമേ പറയാം അഗ്നി ജ്വലിക്കുന്നു അഗ്നി ജ്വലിക്കുന്നതിനു പലതിനെ അപേക്ഷിക്കുന്നുണ്ട് പ്രധാനമായും ശുഷ്ക ഇന്ധനം യോഗ്യമായ ഇന്ധനം അത് വേണം ഇന്ധനം വിറകും പറ്റും ആർദ്രമായിരുന്ന അഗ്നിക്ക് ജ്വലിക്കാൻ പറ്റത്തില്ല പുകയും ജ്വലിക്കുന്നതിന് ശുഷ്ക ഇന്ധനം വേണം ഉണങ്ങിയ വിറക് അതുപോലുള്ള സാധനങ്ങൾ വേണം മണ്ണെണ്ണയോ പെട്രോളോ എന്തെങ്കിലും വേണം യോഗ്യമായ സാധനം വേണം എന്നാലും അഗ്നിക്ക് ജ്വലിക്കാൻ പറ്റും അതിൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത് അഗ്നി അതിന്റെ ഉത്പത്തിയിൽ സാധനാന്തരത്തെ അപേക്ഷിക്കുന്നു എന്നുവെച്ചാൽ അഗ്നി സ്വയം ഗുപ്തമാണ് സർവത്ര അത് വ്യാപിച്ചിരിക്കുകയാണ് ഗുപ്തമായി ഒളിഞ്ഞിരിക്കുകയാണ് അതിന് സ്വയം പ്രകടമാകാമ അത് പ്രകടമാകണമെങ്കിൽ അത് സാധനാന്തരത്തെ അപേക്ഷിക്കുന്നു മറ്റു പലതിനെ അപേക്ഷിക്കുന്നു ചിലപ്പോൾ നമുക്ക് ഊതി കൊടുക്കേണ്ടി വരും കാറ്റ് വേണ്ടി വരും പലതും വേണം ആത്മവിദ്യയെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നു ആത്മവിദ്യ അതിനെപ്പോലും ആത്മവിദ്യ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഉപനിഷത്തിന്റെ നിർണ്ണയമാണല്ലെങ്കിൽ ഭാഷകാരന്റെ നിർണ്ണയമാണ് ആത്മവിദ്യ അതിന്റെ ഉത്പത്തിയിൽ പലതിനെയും ആഗ്രഹിക്കുന്നു അത് ആശ്രയിക്കുന്നു പലതിനും കർമ്മത്തെ ആശ്രയിക്കുന്നു എങ്ങനെ കർമ്മയോഗം ചിത്രശുദ്ധി ഉപാസനകളെ ആഗ്രഹിക്കുന്നു മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും പറ്റും തപസ് ബ്രഹ്മചര്യം പോലെയുള്ള തപസ് ദമം അടുത്തു പറയും വേദം വേദാംഗങ്ങൾ സർവത്തെയും ആശ്രയിക്കുന്നു ആത്മജ്ഞാനം അതിന്റെ ഉത്പത്തിയിൽ സർവത്തെയും ആശ്രയിക്കുന്നത് ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് അത് ഉത്പന്നത് ഒരു ജീവന് ഇതെല്ലാം കൂടി ചേർന്ന് സംസ്കരിക്കുമ്പോഴാണ് അവനൊരു ആത്മവിദ്യ പ്രകാശിക്കുന്നു ഇത് ആത്മവിദ്യ സംബന്ധിച്ചുള്ള ഒരു സാങ്കേതിക ചർച്ചയാണ് ബ്രഹ്മസൂത്രത്തിനും ചർച്ച ചെയ്യുന്നതാണ് വിദ്യ മറ്റെന്തിനെയെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അതോ വിദ്യ നിരപേക്ഷയാണോ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ വിദ്യ അപേക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ ഉത്പത്തിയിൽ അതിന് എല്ലാം അപേക്ഷിക്കുന്നുണ്ട് ഉത്പന്നമായാലോ പിന്നെ സംഭവിക്കേണ്ടത് അതിന്റെ ഫലം വിദ്യയുടെ അല്ലെങ്കിൽ സാക്ഷാത്കാരത്തിന്റെ ഫലം എന്താണ് മോക്ഷം മുക്തി അതിനൊരു അപേക്ഷമാണ് ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഏതുപോലെ അഗ്നിയെ പോലെ അഗ്നി ഉൽപ്പന്നമാകുന്നതിലെല്ലാത്തിനും അപേക്ഷിക്കുന്നു ഫലതിനെ അപേക്ഷിക്കുന്നു അതിന്റെ ഫലം എന്താണോ മുഖ്യമായ ഫലം എന്താണോ ഇരുളിനെ നശിപ്പിക്കുക ഇരുളിലിരിക്കുന്ന വസ്തുക്കളെ പ്രകാശിപ്പിക്കുക ആ പ്രകാശിപ്പിക്കലിന് അത് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല ഇരുളിനെ നശിപ്പിക്കുന്നതിനത് മറ്റൊന്നിൻ്റെയും സഹായം ആവശ്യമില്ല അതെന്താ അങ്ങനെ അതതിന്റെ സ്വഭാവം തന്നെ അതിന്റെ സ്വരൂപം തന്നെ അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം പ്രകാശമെന്ന് വന്നാൽ പിന്നെ അവിടെ ഇരുളില്ല അഗ്നി അതിന്റെ ഫലത്തിൽ ഇരുളിനെ നശിപ്പിക്കുക പ്രകാശിക്കുക എന്നുള്ള കാര്യത്തിൽ അത് ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല അവിടെ അഗ്നി നിരപേക്ഷം അതുപോലെ ഈ വിദ്യ ആത്മവിദ്യ നിരപേക്ഷം സഹകാരിയായ സാധനാന്തരങ്ങൾ ഒന്നിനും അപേക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് അതിന്റെ ഫലമായ മുക്തിയെ നൽകുന്നതിന് അതങ്ങനെ സംഭവിക്കുന്നു കാരണം ഈ വിദ്യയുടെ സ്വഭാവം അജ്ഞാനത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതെന്റെ സ്വഭാവം തന്നെയാണ് പ്രകാശമെന്ന് പറയുന്നത് അത് പ്രകാശിക്കുന്നു ഞാനാഗ്നി സർവകർമാണി ഭസ്മ സത്കുരുത സർവകർമ്മങ്ങളെയും അത് നശിപ്പിക്കുന്നു ഇനി പറഞ്ഞല്ലേ അജ്ഞാനത്തെ സമൂലം അത് നശിപ്പിക്കുന്നു വേരോടെ നശിപ്പിക്കുന്നു അത് അഗ്നി അഗ്നി എന്നുള്ള ഉപമാർച്ച ചെയ്തിട്ടുണ്ട് ജ്ഞാനത്തിന് ഏറ്റവും പറ്റിയ ഒപ്പമയാണ് ജ്ഞാനത്തെ രണ്ടു തരത്തിലും പറയാം അത് നിരപേക്ഷമാണ് സാപേക്ഷമാണ് അത് ഉത്പത്തിയിൽ സാപേക്ഷമാണ് ഫലത്തിൽ അത് നിരപേക്ഷമാണ് ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിന്റെ സ്വഭാവമാണ് പ്രകാശം അപ്രകാശത്തിൽ ഇരുളിനെ നിൽക്കാൻ കഴിയില്ല ഇരുൾ നശിച്ചുപോകും അജ്ഞാനം നശിക്കുന്നു അജീവൻ മുക്തനായിത്തീരുന്നു ആ ഫലത്തിൽ അത് മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല ആ വിഷയമാണ് ഉള്ളൊരു ചർച്ച ചെയ്തത് ഇവിടെ ഉപനിഷതയാത്സഹകാരി സാധനാന്തരപേക്ഷ ഇത് മനസ്സി വെച്ചുകൊണ്ടാണോ ഭാഷകാരൻ പറയുന്നത് എന്താണോ വിദ്യയെ ജ്ഞാനത്തെ മറ്റൊന്നിനോട് സമുച്ചയിക്കാൻ സാധ്യമല്ല നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് സമുച്ചയം അതിനെ ഈ തരത്തിലാണ് മനസ്സിലാക്കേണ്ടത് ഈ തരത്തിനും മനസ്സിലാകാം ജ്ഞാനത്തെ കർമ്മത്തോട് സമുച്ചയിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് ആ ജ്ഞാനം അതിന്റെ ഫലത്തിൽ കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല അതുകൊണ്ട് ക്രമസമുച്ചയം അങ്ങനെ ഒന്നിനെ സ്വീകരിക്കുന്നുണ്ട് എന്താണ് അതിന്റെ ഉത്പത്തിയിൽ അത് കർമ്മത്തെ അപേക്ഷിക്കുന്നു ഫലത്തിൽ അത് കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് സമസമുച്ചയം അതിനെ നിഷേധിക്കുന്നു അങ്ങനെ സാങ്കേതികമായി പറയുന്നു താല്പര്യ ഇതാണ് ഒന്നിനെ അത് അപേക്ഷിക്കുന്നുണ്ട് കർമ്മത്തെ മാത്രമല്ല തപസ്സോ ഉപാസനകളോ ഒന്നിനെയും അത് ഫലത്തില് അപേക്ഷിക്കുന്നില്ല ഇതിനെല്ലാം ഉത്പത്തിയിൽ അപേക്ഷിക്കുന്നുമുണ്ട് ഭാഷകരണെക്കുറിച്ച് ഇനി വരുമ്പോൾ വിശദമായി തന്നെ പറയും ശ്രുതിയും പറയും ഞാൻ ഉത്പത്തിക്ക് തന്നെ ആവശ്യമാണ് ജ്ഞാനവും കർമ്മവും വിരോധം ഏതു വരെ എന്നുള്ളത് നമ്മൾ വ്യക്തമായി ധരിച്ചിരിക്കുന്നു അത് ധരിച്ചില്ലെങ്കിൽ ജ്ഞാനം സർവത്തിനും വിരോധിയാണ് കർമ്മത്തിനും വിരോധിയാണ് എന്ന് തെറ്റായി ധരിച്ചു ആ വിരോധം ഏതുവരെ നിൽക്കുന്നു എവിടെയാണ് ആ വിരോധമില്ലാത്തത് അപ്പൊ ഭക്ഷ്യകാരൻ വിരോധമുണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ വിരോധമില്ലെന്നും പറയുന്നു കാരണം ജ്ഞാനം സ്വത്പത്തിയിൽ ഇത് സർവത്തെയും അപേക്ഷിക്കുന്നു കർമ്മത്തെയും ഉപാസനയും സർവത്തെയും അപേക്ഷിക്കും ഫലത്തിൽ ഒന്നിനെ അപേക്ഷിക്കുന്നുണ്ട് ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യക്തമായി ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ധരിച്ചില്ലെങ്കിൽ തത്വജ്ഞാനം കർമ്മത്തിന് വിരോധമാണ് എന്ന് നമ്മൾ മിഥ്യയായി ധരിക്കും അത് നിരപേക്ഷവ ഏതാണ് സഹകാരിയായ സാധനാന്തരങ്ങളെ അപേക്ഷിക്കുന്നുണ്ടോ അപേക്ഷിത വിഷയം ഉപനിഷതം ദ്രോഹി അജ്ഞാനം മറ്റെന്തിനെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ ഇത് രണ്ടും മനസ്സിവെച്ചുകൊണ്ടാണ് ചോദ്യം ഉത്പത്തിയിൽ ഫലത്തിൽ എന്തിനെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ ജ്ഞാനം അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ അതപേക്ഷിക്കുന്ന ആ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള രഹസ്യ ഉപനിഷ അത് പറയണം അധ നിരപേക്ഷ അവധാരയം അസ്തിപ്പലാദന്റെ സമീപത്തിൽ ഭാരദ്വാജൻ സുകേശൻ തുടങ്ങിയ ഋഷിമാര് ആത്മവിദ്യ ഗ്രഹിക്കുന്നതിനു വേണ്ടി പോയി പിപ്പലാഥൻ അവരോട് തപസ് മറ്റും ആവശ്യപ്പെട്ടു ആദ്യം അവരോട് തപസ്സാണ് ആവശ്യപ്പെട്ട് എന്തുകൊണ്ട് ആ ആത്മവിദ്യ അതിന്റെ ഉത്പത്തിയിൽ തപസിനെ ആശ്രയിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ഉപദേശിച്ചു അവസാനം പറയുന്ന ഇതപ്പുരം ഇതിനപ്പുറം ഇനിയൊന്നും പറയാനില്ല ഇതാണ് അവസാനം എന്ന് പറഞ്ഞാൽ അവസാനത്തിന് അത് നിരപേക്ഷമാണ് മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല നിരവശേഷമാണ് അവിടെ വ്യക്തമായി പറഞ്ഞു അതുപോലെ ഇവിടെയും പറയണോ എന്താണോ ഈ വിദ്യ ഒന്നിനെയും അപേക്ഷിക്കുന്നുണ്ട് ഈ വിദ്യ പൂർണ്ണമാണോ ഈ വിദ്യ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയണം അല്ല അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം ഇവിടെയും രണ്ടും പറയുന്നുണ്ട് ആത്മവിദ്യയുടെ സന്ദർഭങ്ങളെല്ലാം ഇത് രണ്ടും പറയുന്നുണ്ട് ആത്മവിദ്യ എങ്ങനെ സാവശേഷമായിരിക്കുന്നു എന്ന് വെച്ചാൽ മറ്റുള്ളതിനെക്കാശ്രയിക്കുന്നു അതെങ്ങനെ നിരവശേഷമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിരപേക്ഷമായിരിക്കുന്നു ഇത് സമഗ്രമായി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പല ആശയക്കുഴപ്പങ്ങളും വരും ഇതിനെ സംബന്ധിച്ച് പല വൈരുദ്ധ്യങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ പറയുന്നത് ഒരു സ്ഥലത്ത് കർമ്മത്തെ ത്യജിക്കണമെന്ന് പറയുന്നു ഒരു സ്ഥലത്ത് കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കണോന്ന് പറയുന്നു ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടുത്തും അങ്ങനെ ആശയക്കുഴപ്പം വരും അതിവിടെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് പിപലാദൻ ഉപദേശിച്ചതുപോലെ ഉപദേശിക്കുന്നു അതാ ഇത് പൂർണമാണോ ഇത് നിരപേക്ഷമാണോ ഇതിനപ്പുറം ഒന്നുമില്ല അങ്ങനെ പറയുന്നു അല്ല ഇനി ഇതെന്തിനെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയണം അപ്പൊ ഇതൊക്കെയാണ് ചോദ്യം ചോദിച്ച ശ്രോതാവിന്റെ ചോദ്യത്തിന്റെ താൽപ്പര്യം എന്നാണ് അവധാരണമിതം ഏതോ അന്യത് വക്തവ്യം ആഹ തസി തപോ ദമ ഇത്യാദി ഇത് അവസാനിപ്പിക്കുന്നുണ്ട് ഇവിടെ നിരപേക്ഷം എന്ന് പറയുന്നതിന് എന്തുകൊണ്ട് വീണ്ടും പറയുന്നു തപസ് ദമം ശമദമാദികൾ വേദം അംഗങ്ങൾ ഇങ്ങനെ പലതും ഇനി വീണ്ടും പറയുന്നു അപ്പൊ ബ്രഹ്മവിദ്യ ഇവിടെ പൂർണമായെങ്കിൽ പിന്നെ എന്തിനാ പറയണം ബ്രഹ്മവിദ്യ നിരപേക്ഷയാണെങ്കിൽ എന്തിനാണ് ഇനി തപസ്സിന് ദമ എന്നൊക്കെ പറയുന്നു പിപ്രലാദൻ പറഞ്ഞതുപോലെ ഇതപ്പരം അസ്ഥി ഇതിനപ്പുറം ഇനി ഒന്നുമില്ല എന്നല്ലേ പറയുന്നു തത്വമെല്ലാം പറഞ്ഞതിനു ശേഷവും വീണ്ടും അടുത്ത് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളിൽ തപസ്സിനെ കുറിച്ച് പറയുന്നു ബ്രഹ്മചര്യം പോലുള്ള അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുന്നു സത്യം വക്തവ്യം ഉച്ചതയും ആചാര്യേണോ ഗുക്തോപനിഷേഷതയാസഹകാരി സാധനാന്തര അഭിപ്രായ ശരിയാണ് നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇവിടെ വക്തവ്യമുച്ചതെ ആചാര്യണ ഇനി പറയാൻ ശേഷിച്ചതിനെ ആചാര്യൻ പറയുന്നുണ്ട് പക്ഷേ നൂതോ ഉപനിഷത് ശേഷതയാണ് നിങ്ങൾ ധരിക്കുന്നത് പോലെ ഈ ആത്മവിദ്യ അതിന്റെ ഫലം നൽകുന്നതിൽ ഇതിനെയൊക്കെ ആശ്രയിക്കുന്നു എന്ന തരത്തിലല്ല ത്വസഹകാരി സാധനാന്തര അഭിപ്രായമാണ് വിദ്യ ഫലം കൊടുക്കണമെങ്കിൽ ഇത്തരം സാധനകൾ അതിനോടൊപ്പം വേണമെന്നുള്ള രീതിയിലല്ലു ബ്രഹ്മവിദ്യാപ്രാപ്തി ഉപായ അഭിപ്രായണ പിന്നെ വേണ്ടി പറയുന്നു ബ്രഹ്മവിദ്യാപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ എന്നുള്ളതൊക്കെ ബ്രഹ്മവിദ്യയ്ക്ക് ഫലത്തെ കൊടുക്കുന്നതിന് ഇത് അത് സ്വയം സക്ഷമമാണോ പ്രകാശത്തിന് ഇരുളിനെ നശിപ്പിക്കാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ല ആ പ്രകാശം നിഷ്പന്നമായോ അതിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ അവിടെ അസ്തമിക്കും മറിച്ച് ബ്രഹ്മവിദ്യ പ്രാപ്തി ഉപായ അഭിപ്രായമാണ് ബ്രഹ്മവിദ്യാപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ പലതുണ്ട് അനുഭേദവും അഗ്നിഹോത്രവും തപസ്സും സർവവും സർവാ സർവാപേക്ഷാ യജ്ഞാദീശ്രശ്വത് ബ്രഹ്മസൂത്രത്തിനൊരു സൂത്രം കൊണ്ട് വളരെ പ്രസിദ്ധമാണ് സർവാപേക്ഷ സർവത്തെയും അപേക്ഷിക്കുന്നു ബ്രഹ്മവിദ്യ സർവത്തെയും അപേക്ഷിക്കുന്നു യജ്ഞാദികളെല്ലാം അപേക്ഷിക്കുന്നു എന്നിങ്ങനെ അവിടെ വിശദമായി ഭാഷകാലം ചർച്ച ചെയ്യുന്നു അതാണ് ബ്രഹ്മവിദ്യാപ്രാപ്തി ഉപായ അഭിപ്രായണ ബ്രഹ്മവിദ്യാപ്രാപ്തിക്കുള്ള ഉപായം എന്നുള്ള നിലയ്ക്കാണ് അതാണ് ഈ പ്രകടനഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വായിച്ച് മനസ്സിലാകുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ വരുന്നത് വിവേക ചൂടാമണി മറ്റും പഠിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയും എന്താണോ ഇത് കർമ്മം കൊണ്ട് സാധ്യമല്ല പ്രാണായാമ സതേന പ്രാണായാമം കൊണ്ട് സാധ്യമല്ല അപ്പോ അത് വായിക്കുന്നവൻ അന്ന് തന്നെ പ്രാണായാമം നിർത്തും കാരണം വിവേക ചൂടാമണി പറഞ്ഞിരിക്കും പ്രാണായാമം നിഷ്പ്രയോജനമാണ് കർമ്മം സാധ്യമല്ല ആ ശ്ലോകം മുഴുവൻ ഞാൻ ഓർക്കുന്നില്ല അങ്ങനൊരു ശ്ലോകമുണ്ട് കർമ്മം കൊണ്ട് സാധ്യമല്ല വിവ വിദ്വാന്മാരെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ അനുസ്മരിക്കാറുണ്ട് അപ്പോ പ്രാണായാമം കൊണ്ട് സാധ്യമല്ല കർമ്മം കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് അത് മനസ്സിലാകണമെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ പോകണം വിവേ ചൂടാമണിന്നും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് വിശദമായി മനസ്സിലാക്കിത്തരുന്നത് അവിടെയാണ് അപ്പൊ വിവേക ചൂടാമണി പഠിച്ച വിദ്വാനായി പ്രസവം മുടക്കി കക്ഷത്ത് വെച്ചിട്ട് ഉപദേശിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേരാണ് വഴിയാധാരമാകുന്നത് ബ്രഹ്മസൂത്രത്തിലാണത് വിശദീകരിക്കുന്നത് എന്താണോ കർമ്മം ആവശ്യമുണ്ടോ ഇല്ലയോ കർമ്മ ആവശ്യമുണ്ട് ഉപാസനകൾ ആവശ്യമുണ്ട് തപസ് സത്യം എല്ലാം ആവശ്യമുണ്ട് വിധി നിഷേധങ്ങളെല്ലാം ആവശ്യമുണ്ട് ജ്ഞാനോത്പത്തിക്ക് വേണ്ടി ഇതൊന്നും ആവശ്യമില്ല ഇവിടെ ജ്ഞാനത്തിന് അതിൻ്റെ ഫലത്തെ കൊടുക്കുന്ന ഇത് വളരെ നിസാരമായ ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയും മറുഭാഗത്തെ മനസ്സിലാക്കാതിരിക്കുകയുള്ളൂ ആശയക്കുഴപ്പം വരും കുറയും സ്വാമിയാണ് വിധി നിഷേധങ്ങളൊന്നും എനിക്കില്ല സർവതന്ത്ര സ്വതന്ത്രനാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കേവലം സ്വാമിത്വ അഭിമാനവും ഉണ്ട് അത് ഞാൻ തൽക്കാലം നിർത്തുകയാണ് വേദഹി തത് അംഗൈഷ്ട സഹപാഠേന സമീകരണ ബ്രഹ്മവിദ്യാപ്രാപ്തി ഉപായ അഭിപ്രായം എന്തുകൊണ്ടാണ് വേദി തദ്ംഗയിശ്ച സഹ പാഠേനു സമീകരണം അതിവിടെ ഈ തത്വത്തെ പറയുന്നത് അടുത്ത് പറയുന്നുണ്ട് അടുത്ത മന്ത്രം തസ്സി തപോദമ കർമ്മേതി പ്രതിഷ്ഠ വേദാ സർവാംഗാണി സത്യം ആയതനം ശ്രോത്ര ശ്രോത്രം മനസ്സവും മനോവേദം എന്നെല്ലാം വലിയ തത്വത്തെ പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്ന തസ്സി തപ ദമ കർമ്മ വീണ്ടും കർമ്മത്തിലേക്ക് വന്നു വേദ സർവാംഗങ്ങൾ ശിക്ഷാകൽപ്പം വ്യാകരണം നിരുത്തൻ ചന്ദസ് ജ്യോതിഷം ഷഡംഗങ്ങൾ ഇതിലേക്കെല്ലാം വീണ്ടും വന്നിരിക്കുന്നു അതിനോട് പറയുന്നു വേദി തദംഗസപാഠേന ഇതെല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നു തത്വജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് തന്നെ തപസ്സന്തമെല്ലാം വന്നിരിക്കുന്നു നമ്മുടെ സ്വാമി പറയുന്നത് എന്താണോ ഞാൻ തത്വജ്ഞാനിയാണ് ഇതിന് നിഷേധങ്ങളില്ലാത്തവരാണ് എനിക്കിന്ന് പ്രത്യേകിച്ച് തപസ്സിന്റെ ആവശ്യമില്ല എനിക്കിനി കർമ്മത്തിന്റെ ആവശ്യമില്ല എനിക്ക് വേദത്തിന്റെ ആവശ്യമില്ല ഇവിടെ അങ്ങനെയല്ല ഇതിന ചേർത്ത് പഠിച്ചിരിക്കുന്ന സമീകരണ രേഖമാക്കിയിരിക്കുകയാണ് ഇവിടെ ഇതിനൊന്ന് രണ്ടായി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സാധകന്റെ ദൃഷ്ടിയിൽ ഒരു സാധനയുടെ ദൃഷ്ടിയിൽ ഈ തത്വജ്ഞാനത്തിന് തുല്യമാണ് ഇതെല്ലാം കർമ്മവും വേദവും അംഗങ്ങളും തപസ്സും എല്ലാം സാധകൻ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നവനാണ് സിദ്ധനല്ല സിദ്ധന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മഹാത്മാക്കളെ നമ്മൾ ദൂരെ നിന്ന് നമസ്കരിക്കാനേ പാടും ഇതൊന്നും അവിടെ കൊണ്ടുപോയി ഘടിപ്പിക്കാൻ സാധ്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നപ്പോഴും സാധകന്മാരെ കുറിച്ചാണ് നമ്മൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സാധകന്മാരെയാണ് അവിടെയാണ് അവരാണ് ഈ ചർച്ചയ്ക്ക് വിഷയമാകുന്നത് അവരെ സംബന്ധിച്ച് തത്വജ്ഞാനം പ്രാപ്യം പ്രാപിക്കേണ്ടതാണ് പ്രാപിച്ചിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനം വിവരസാധനയാണ് അവിടെ ശ്രുതി അവർക്ക് വേണ്ടി തത്വജ്ഞാനത്ത് ഉപദേശിക്കുമ്പോൾ അതിനോട് ചേർന്ന് സഹപാഠേന സമീകരണം തപപ്രവൃതീനം തപസ് വേദം കർമ്മം എല്ലാം ഒരേ ഗ്രിരേഡിപ്പെടുത്തിയിരിക്കുന്നു എന്താ എന്ന താല്പര്യം ഹി വേദാനം ശിക്ഷാദ്യംഗാ സാക്ഷാത് ബ്രഹ്മവിദ്യാശേഷത്വം തത്സഹകാരി സിദ്ധാന്തം ശിക്ഷ തുടങ്ങിയ അംഗങ്ങൾ അടുത്ത് വേദ അങ്കാനി എന്ന് പറയും സാക്ഷാത് ബ്രഹ്മവിദ്യാശേഷത്തുന്ന സാക്ഷാത് ബ്രഹ്മവിദ്യയുടെ അംഗങ്ങളല്ല അത് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മവിദ്യയുടെ സാക്ഷാത് അംഗം എന്ന് പറഞ്ഞാൽ എന്താണോ ആ ബ്രഹ്മവിദ്യയുടെ ബ്രഹ്മവിദ്യ അതിന്റെ ഫലത്തിൽ നൽകുന്നതിന് ഇതിനെയൊന്നും ആശ്രയിക്കുന്നില്ല അഗ്നിയുടെ ഉദാഹരണം മനസ്സിലായിരിക്കും അതിന് സഹകാരിയല്ല ബ്രഹ്മവിദ്യ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതിന് ജീവനമുക്തനാക്കുന്നതിൻ്റെയൊന്നും ആവശ്യമില്ല അനിരപേക്ഷമാണ് സ്വയം സക്ഷമമാണോ കർമ്മങ്ങളെപ്പോലെയല്ല കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കുന്നതിന് മറ്റു പലതിനെ ആശ്രയിക്കുന്നു അടുത്ത് ഇനി അത് ചോദിക്കും കാരണം ഈ ചർച്ച വൈദികമാണ് വേദമാണ് ഇതിൻ്റെ പശ്ചാത്തലം വേദത്തിൽ സ്ർമ്മങ്ങളെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ അംഗ അംഗികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സഹകാരികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ ഒരു യാഗം അത് ഫലത്തെ നൽകുന്നതിന് അംഗങ്ങളെ അപേക്ഷിക്കുന്നു മുഖ്യയാഗത്തിൽ നിന്ന് അപൂർവം ഉണ്ടാകുന്നു അംഗയാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന അപൂർവങ്ങളതിനോടുകൂടി ചേരണം ചേർന്ന് സ്വർഗം തുടങ്ങി ഫലത്തെ ഉണ്ടാക്കുന്നതിനൊക്കെ കർമ്മത്തിന്റെ നിയമങ്ങളാണ് അതുപോലെ ഇവിടെ ആത്മവിദ്യ സംബന്ധിച്ച് ചിന്തിക്കരുത് ഇത് പ്രകാശത്തെ പോലെയാണ് അഗ്നിയെപ്പോലെയാണ് ഇതിന്റെ സ്വഭാവം വേറെയാണോ അതുകൊണ്ട് സാക്ഷാത് ബ്രഹ്മവിദ്യാവിശേഷത്വം ഇവിടെ വരുന്നില്ല പരമ്പരയ ബ്രഹ്മവിദ്യാശേഷത്വം വരും സാക്ഷാത് സമുച്ചയം വരത്തില്ല ക്രമമായ സമുച്ചയം വരാം അതാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇതിന്റെ ചർച്ച വേദത്തെ വിട്ടിട്ട് ചർച്ച ചെയ്യാൻ ആർക്കും അവകാശമില്ല ഭാഷകാരനും അവകാശമില്ല കണ്ണൂപനിഷത്ത് വേദഭാഗമാണ് വേദത്തിൽ മറ്റു ഭാഗങ്ങളിൽ വരുന്ന നിയമങ്ങൾ അതേപടി ഇവിടെ സ്വീകരിക്കാനും പറ്റത്തില്ല എന്നുവെച്ചാൽ പൂർവം ഇമാംസെയ് കർമ്മങ്ങൾ ഫലം ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ സ്വീകരിച്ചിരിക്കുന്ന നിയമാംസകളുടെ നിയമങ്ങളൊന്നും ഇവിടെ സ്വീകരിക്കാൻ പറ്റുന്നു കാരണം അവിടെ ചർച്ച ചെയ്യുന്നതെല്ലാം എന്താണ് ജഡമായ കർമ്മങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രകാശത്തെ കുറിച്ചാണ് എന്നാലും ഒരു പൊറോക്ഷിയുടെ ചോദിക്കുകയാണ് സഹപഠിതാനാമൊക്കെ യഥായോഗ്യം വിഭജ്യ വിനിയോഗ്യത് ചെയ്ത യഥാ സൂക്തവാക അനുമത്രണമന്ത്രാണാം യഥാദൈവതം വിഭാഗ പൂർവ്വമീമാംസയിൽ ചർച്ച ചെയ്ത ഒരു കാര്യത്തെ ഇവിടെ പൂർവ്വപക്ഷി ഉന്നയിക്കുകയാണ് എന്താണ് സൂക്തവാദ അനുമന്ത്രണമന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കർമ്മത്തിന്റെ അവസാന ഭാഗത്ത് യാഗങ്ങളുടെയും മറ്റും അവസാന ഭാഗത്ത് മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവതകളെ ആവാഹിക്കുന്നു കർമ്മസമാപ്തിയിൽ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവകളെ വിസർജനം ചെയ്യുന്നു അവിടെയാണ് ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്താണോ ഈ മന്ത്രങ്ങളിൽ പല ദേവതകളെ കുറിച്ച് പറയും അഗ്നി ഇന്ദ്രൻ തുടങ്ങി പല ദേവതകളെ കുറിച്ച് പറയുന്നു ഈ മന്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു ഓരോ കർമ്മത്തിലും ഏതാണോ ദേവത ആ ദേവതയ്ക്കനുസരിച്ച് പല കർമ്മങ്ങളിൽ ഒരേ മന്ത്രത്തെ ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത് യഥായോഗ്യം വിഭജ്യ വിനിയോഗ ഏതാണോ ആ കർമ്മത്തിലെ ദേവത ആ ദേവതയ്ക്ക് അനുസരിച്ച് യഥായോഗ്യം വിഭജ്യമിനുക ഈ മന്ത്രത്തെ വിഭജിച്ച് ഓരോ കർമ്മത്തിനും പ്രത്യേകം പ്രത്യേകം ഉപയോഗിക്കുന്നു സഹപഠിതാനാമൊക്കെ ഒരുമിച്ചാണ് പഠിച്ചിരിക്കുന്നതെങ്കിലും അതുപോലെ ജ്ഞാനത്തെയും കർമ്മത്തെയും വേദത്തെയും തപസിനെയമിച്ച് ഒരേ ഭാഗത്ത് പഠിച്ചിരിക്കുന്നു പുനുഷത്തിൽ അതിൻ്റെ വിനിയോഗം ഇനി എങ്ങനെയായിരിക്കും എങ്ങനെ വേണം അത് ഈ പറയുന്നത് പോലെയാണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് യഥാ സൂക്തഭാഗാനും മന്ത്രണം മന്ത്രണം യഥാ ദൈവതം തഥ തപോധമ കർമ്മസത്യാധീനം ബ്രഹ്മവിദ്യാശേഷ്യത്വംസഹകാരി സാധനത്വം ഒരേ മന്ത്രത്തെ തന്നെ പല ദേവതകളെ കുറിച്ച് അതിൽ പരാമർശിച്ചിരിക്കുന്നതുകൊണ്ട് പല കർമ്മങ്ങളിൽ ഉപയോഗിക്കും അതുപോലെ ഇവിടെ പറയുന്ന തപസ് ധമം കർമ്മങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ആത്മവിദ്യയിലും ഉപയോഗിക്കണമോ ആത്മവിദ്യ ഫലം നൽകുന്നതിന് ഇതെല്ലാം സഹകാരിയായിരിക്കുമോ ഇതുകൂടെ കുടി ചേർന്നാലേ ആത്മവിദ്യ ഫലം നൽകത്തുള്ളൂ അപ്പോൾ ഒരുവനിൽ ആ ചോദ്യത്തിൻ്റെ താല്പര്യം വരുന്നോ ഒരുവനിൽ ആത്മവിദ്യ പ്രകാശിക്കുമ്പോൾ അമന് തപസ് ദമം കർമ്മങ്ങൾ വേദം ഇതിൻ്റെ എല്ലാം അനുഷ്ഠാനം ആവശ്യമാണോ അവനത് തിരിക്കാമോ തിരിച്ചു കഴിഞ്ഞാൽ വേദത്യാഗം കൊണ്ടുവരുന്ന പാപം അവനെ ബാധിക്കുമോ വൈദികന്മാർ പറയുന്നത് എന്താണ് വേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപനയനം ചെയ്ത് വേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മരണം വരെ അന്ത്യേഷ്ഠി കർമ്മം വരെ വേദത്തെ പിന്തുടരണം വേദോക്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതെന്ത് ഉപാസന ആയാലും എന്ത് ജ്ഞാനമായാലും അതിന് തിരിച്ചു കഴിഞ്ഞാൽ പാപം വരും അത് ഉപേക്ഷിക്കാൻ പാടില്ല ഇവിടെ അദ്വൈതി പറയുന്നത് എന്താണോ അതെന്നെ ഉപേക്ഷിക്കാം ഞാനുപത്തിക്ക് വേണ്ടി അത് സഹായിക്കുന്നതുവരെ അതിനെയൊക്കെ സ്വീകരിക്കാം ഞാനുത്പത്തിയിൽ അത് നിഷ്പ്രയോജനമായതുകൊണ്ട് അതിനെല്ലാം ത്യജിക്കാം അപ്പൊ കർമ്മം ഒരു ബന്ധനമല്ല രണ്ടുപേരും തമ്മിൽ വ്യത്യാസം കാണും മീമാംസതൻ പറയുന്നു കർമ്മം ഒരു ബന്ധനമാണ് അത് വിടാൻ അത് ചെയ്ത് തന്നെ തീർന്നു ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് കരുതുമ്പോൾ അത് ബന്ധനമായി അദ്വൈതി എന്താ പറയുന്നത് അതിനെ ബന്ധിപ്പിക്കാൻ അനുവദിച്ചുകൂടാ ഞാനോത്പത്തിയിൽ കർമ്മം നിലനിൽക്കത്തില്ല അപ്പൊ കർമ്മത്തെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കാം അങ്ങനെ ഉപേക്ഷിക്കുന്നതൊരിക്കലും പാപമല്ല നിത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വകർമ്മങ്ങളെയും അവിടെ തിരിക്കാം അതിന്റെ ആവശ്യം ഞാൻ ഉത്പത്തിക്ക് വേണ്ടി മാത്രമാണ് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഉത്പത്തിക്ക് സഹായിക്കും ഞാൻ ഉത്പത്തിയിൽ കർമ്മങ്ങളെ ത്യജിക്കാൻ കർമ്മത്യാഗം കൊണ്ട് പാപം ഉണ്ടാകത്തില്ല അതാണ് പറഞ്ഞു വരുന്നത് വേദാനാം തങ്കാനാം ച അർത്ഥപ്രകാശകത്വന് കർമ്മ ആത്മജ്ഞാനോപായത്വം ഇത്യവും സ്വയം വിഭാഗോ യുജ്യത അർത്ഥസംബന്ധ ഉപപത്തി സാമർഥ്യ കൂറുഷോയാണ് വേദവും തദ്ംഗങ്ങളും എല്ലാം പ്രകാശിപ്പിക്കുന്നു കർമ്മജ്ഞാന ഉപായത്വം കർമ്മത്തിനത് ഉപായമാണ് ആത്മജ്ഞാനത്തെ വേദമാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഇവിടെ പറയുന്ന കർമ്മകാന്ഡത്തിലെ ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് കർമ്മം എന്തുകൊണ്ടുവരികയും ചെയ്യുന്നു ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട് ആത്മാവ് വരുന്ന ശേഷം സ്വർഗത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തെ സ്വീകരിക്കും അവിടെ ഈ ഫലത്തെ അനുഭവിക്കും ഇത്തരത്തിൽ ശരീരഭിന്നമായ ഒരു ആത്മാവിനെ ബോധിപ്പിക്കുന്നുണ്ട് വേദം മീമാംസയുടെ അഭിപ്രായത്തിൽ അതുകൊണ്ട് അർത്ഥപ്രകാശകമാണ് കർമ്മം ആത്മാവ് തുടങ്ങിയ അർത്ഥത്തെ അത് പ്രകാശിപ്പിക്കുന്നുണ്ട് ഇത്യവീയ വിഭാഗ വിജയത അതുകൊണ്ട് ആത്മജ്ഞാനത്തോടൊപ്പം ഇതെല്ലാം ആവശ്യമാണ് അർത്ഥസംബന്ധവത്തി സാമർഥ്യ ഇതിന് അർത്ഥസംബന്ധമുണ്ട് കർമ്മം ആത്മാവ് തുടങ്ങിയ അർത്ഥങ്ങളെ ഇത് വെളിപ്പെടുത്തുന്നു എന്നുള്ള യുക്തി കൊണ്ട് ജ്ഞാനത്തോടൊപ്പം ഇതെല്ലാം സ്വീകരിക്കണം എന്നാണ് വൈദികന്റെ അഭിപ്രായം ഇനി സിദ്ധാന്തം പറയുന്നു അത് ശരിയല്ല ഹയം വിഭാഗോ ഘടനാ പ്രാഞ്ചതി നിങ്ങളീ പറയുന്ന വിഭാഗം മീമാംസയെ സംബന്ധിച്ച് ശരിയാണ് സൂക്തവാക അനുമനുമെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ ആത്മവിദ്യയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ശരിയല്ല ശേഷാപേക്ഷ സ്വകാര്യ സാധന സംബന്ധവ വിദ്യേദുദ്ധി തിരസ്കാരണ്യ കാരകങ്ങൾ ഫലം ഇങ്ങനെയുള്ള ഈ ഭേദബുദ്ധികളെ തിരസ്കരിക്കുന്ന ബ്രഹ്മവിദ്യ ഇന്ന കർമ്മം ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം തിരസ്കരിക്കുന്ന ബ്രഹ്മവിദ്യ അത് ശേഷാപേക്ഷ അത് അതിന്റെ അംഗത്തെ അപേക്ഷിക്കുന്നില്ല സഹകാരി സാധന സംബന്ധമോ അതിനെ മറ്റൊന്നുമായിട്ട് സമുച്ചയിക്കാൻ സാധ്യമല്ല അതാണ് സഹകാരി സാധന സംബന്ധം സമുച്ചയം അതിന് കർമ്മവുമായിട്ടോ ഉപാസനയുമായിട്ടോ ഒന്നും സമുച്ചയിക്കാനും സാധ്യമല്ല എന്തുകൊണ്ട് അവിടെ സർവഭേദ നിവൃത്തിയാണ് സംഭവിക്കുന്നത് ആത്മവിദ്യയിൽ ആത്മവിദ്യയുടെ പ്രകാശത്തിൽ സർവഭേദങ്ങൾ നിവർത്തിക്കുന്നു സർവഭേദങ്ങളെന്ന് വർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ രണ്ടാമതൊന്നില്ല അതിനോട് യോജിപ്പിക്കാം അതുകൊണ്ട് ആത്മജ്ഞാനം അതിന്റെ ഫലത്ത് നൽകുന്നതിന് ഇതൊന്നിനെയും അപേക്ഷിക്കുന്നില്ല അതുവരെ ഇതിനെല്ലാം അപേക്ഷിക്കുന്നുണ്ട് സർവവിഷയ പ്രത്യേകാത്മവിഷയനിഷ്ഠത്വ സമ വിദ്യാഹ സർവ വിഷയങ്ങളിൽ നിന്നും വ്യാപർത്തിച്ചിരിക്കുന്ന സർവ്വ വിഷയങ്ങളിൽ നിന്നും ഭിന്നമായിരിക്കുന്ന പ്രത്യേകാത്മാവിനെയാണ് അത് വിഷയമാക്കുന്നത് ആ ശ്രോതാവിന്റെ തന്നെ അല്ലെങ്കിൽ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവന്റെ തന്നെ ആധാരമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന ആത്മാവിനെയാണ് അത് വിഷയമാക്കുന്നത് അവിടെ ഭേദങ്ങളൊന്നുമില്ല കർമ്മ ഉപാസന ഭേദങ്ങൾ അവിടെയില്ല തദ്ശ്ര അതിന്റെ ഫലമായിരിക്കുന്ന നിശ്രേയസം അങ്ങനെയാണ് ബ്രഹ്മവിദ്യയുടെ ഫലമാണ് നിശ്രേയസം മോക്ഷം അത് ഭേദത്തെ സാധൂകരിക്കുന്നില്ല ഭേദത്തെ നിലനിർത്തുന്നില്ല സർവഭേദത്തെയും നിഷേധിക്കുന്നു അതുകൊണ്ട് സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു സദാ കർമ്മ ത്യജെസാധനം സസാധനങ്ങളോടുകൂടി കർമ്മത്തെ ത്യജിക്കണം സാധനം എന്ന് പറയുന്നത് എന്താണ് ഇതിവിടെ പറയുന്നത് മുഖ്യമായും വൈദികർമ്മങ്ങളെക്കുറിച്ചാണ് അതേ ചർച്ചയ്ക്ക് വിഷയമാകുന്നു മനുഷ്യന്റെ ലൗകികമായ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഇന്നുള്ള കർമ്മങ്ങളോ അല്ല അത് സസാധനം ധരിക്കണമെന്നാണ് അപ്പോൾ കർമ്മത്തിന് എങ്ങനെയാണ് ഒരുവൻ അധികാരിയായിത്തീരുന്നത് അവൻ ഉപനയനം ചെയ്യുന്നു പഴയ സമ്പ്രദായം വേദാധ്യയനം ചെയ്യുന്നു പൂർവമീമാംസ കർമ്മങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നു കർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടവൻ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നു പത്നിസമേതനായി കർമ്മത്തെ അനുഷ്ഠിക്കുന്നു ഇപ്പൊ കർമാനുഷ്ഠാനത്തിന് മുഖ്യസാധനമായിരിക്കുന്നു ഏറ്റവും മുഖ്യമായ സാധനമായിരിക്കുന്നത് ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രധാനമായും ചർച്ച ചെയ്തിരിക്കുന്നത് പഴയകാലത്ത് പുരുഷന്മാരെ സംബന്ധിച്ചാണ് ചെറികളെ സംബന്ധിച്ചല്ലോ ഇപ്പൊ മുഖ്യമായ സാധനമായിരിക്കുന്നത് എന്താണ് പത്നിയാണ് കർമ്മത്തിന് കാരണം ഈ കർമ്മങ്ങളെല്ലാം പത്നി സമേതനായി ചെയ്യാൻ പറ്റും ഇപ്പൊ ഭാര്യ സമ്പത്ത് തുടങ്ങിയവയാണ് സാധനം അതിന്റെ ഉപായങ്ങൾ എന്ന് പറയും അതോടൊപ്പം കർമ്മത്തെ ത്യജിക്കണം എന്നാണ് അതാണ് ഇവിടെ പറയുന്നത് തൃജതായവ ഈ തജ്ഞയം ത്യാഗത്തിലൂടെ അതറിയാൻ കഴിയും ഉപേക്ഷിച്ചാലേ അതറിയാൻ കഴിയും എന്ത് തെക്തഹു പ്രത്യ പരം പദം ആ ത്യജിക്കുന്നവന്റെ തെക്തഹ ആ ത്യാഗിയുടെ പൃഥ്വിരം പദം പ്രത്യായിരിക്കുന്ന പരമമായിരിക്കുന്ന പദത്തെ സമ്പൂർണ്ണ ത്യാഗത്തിലൂടെ അറിയാൻ പറ്റും അവൻ കർമാനുഷ്ഠാനത്തിന് വേണ്ടി എന്തിനെയൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിനെല്ലാം ഉത്യജിക്കുന്നു എന്നാണ് സന്യാസം സന്യാസത്തെ കുറിച്ചുകൂടെ പറയുക ഇത് ഇവിടെ പറയുന്നത് കർമ്മത്തെ അനുഷ്ഠിക്കുന്നവനോട് കൂടി പറയുകയാണ് അവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ട യോഗ്യതകളെല്ലാം സമ്പാദിച്ചു വേദാധ്യനവും മീമാംസയും എല്ലാം അവൻ സമ്പാദിച്ചു അവന് ആഗ്രഹമുണ്ടായി ബ്രാഹ്മണാഹ വിവിധശാന്തി ശ്രുതി പറയുന്നു ബ്രാഹ്മണൻ ബ്രാഹ്മണന്മാർ ആഗ്രഹിച്ചു ആത്മാവിനെ കുറിച്ച് അവന് ജിജ്ഞാസുണ്ടായാൽ എന്തു ചെയ്യണം തെറ്റത്ത ത്യാഗം തന്നെയാണ് ഇതിനെല്ലാം ഉപേക്ഷിക്കുക കർമ്മത്തിന് ആവശ്യമുള്ള എല്ലാത്തിനേയും കർമ്മസഹകാരിയായിരിക്കുന്ന സർവത്തെ ഉപേക്ഷിക്കുക ഭാര്യയും സമ്പത്തിനെയൊക്കെ ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചിട്ട് അവനെന്ത് ചെയ്യുന്നു തെക്തഹു ആ ത്യാഗിയുടെ പ്രത്യേകതയിരിക്കുന്ന പരമപഥത്തെ സന്യാസത്തെ കുറിച്ച് പറയുകയാണ് കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഗാർഹസ്ഥ്യധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവന് അവന്റെ പൂർവപുണ്യം കൊണ്ട് അവന് വിവിധിശയുണ്ടാവും അവന്റെ സത്കർമ്മങ്ങൾ കൊണ്ടോ നിഷ്കാമകർമ്മങ്ങോ വിവിധിശയുണ്ടായാൽ ആത്മ തത്വത്തെ അറിയുന്നതിനുള്ള ഇച്ഛയുണ്ടായാൽ അവൻ ചെയ്യേണ്ടത് കർമ്മത്തെ ത്യജിക്കുക എന്നുള്ളതാണ് അപ്പൊ അവനിൽ അത് സംഭവിച്ചിരിക്കുന്നു വിദിശയ്ക്ക് കാരണമായ ചിത്തശുദ്ധി അവന് സംഭവിച്ചിരിക്കുന്നു അത് വർത്തമാന ജന്മത്തിലെ കർമാനുഷ്ഠാനം കൊണ്ടാകാം അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളുടെ അനുഷ്ഠാനം ഉണ്ടാകാം അതുകൊണ്ടാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സർവത്തെയും തിരിച്ചിട്ട് അതിനറിയുന്നതിന് വേണ്ടി ഈ ശ്രവണമന സാധനങ്ങളിൽ ഏർപ്പെടുക ഇത് വൈദികമായ രീതിയാണ് അതിനാണ് ഇവിടെ പറയുന്നത് ഇന്നത്തെ രീതിയല്ല തസ്മാ കർമ്മണം സഹകാരിത്വം കർമ്മശേഷ അപേക്ഷാവ ജ്ഞാനസ്യൂബ് അതുകൊണ്ട് ജ്ഞാനം സഹകാരിയല്ല കർമ്മം കർമ്മം അതിന്റെ അംഗങ്ങളല്ല മറ്റ് യാഗങ്ങൾക്ക് എങ്ങനെയാണോ സഹകാരികൾ ഉള്ളത് മറ്റ് യാഗങ്ങൾക്ക് എങ്ങനെയാണോ അംഗങ്ങളുള്ളത് അതുപോലെ ജ്ഞാനത്തിന് അതില്ല തത്വ അസദേവ സൂക്തവാഹ അനുമന്ത്രണ യഥായോഗം വിഭാഗം അതുകൊണ്ട് സൂക്തവാക അനുവാഗ മന്ത്രങ്ങളെങ്ങനെയാണോ ഓരോ ദേവതകൾക്കനുസരിച്ച് പല പല കർമ്മങ്ങളിൽ ബന്ധിപ്പിക്കുന്നത് അതുപോലെ തപസ് വേദം തുടങ്ങിയ കാര്യങ്ങളെ ആത്മവിദ്യയോട് ബന്ധിപ്പിക്കാൻ സാധ്യമല്ല ഇതൊന്നും ആത്മവിദ്യയോട് ബന്ധപ്പെടുന്നതല്ല തസ്മാ അവധാരണാർത്ഥതായവ പ്രശ്ന പ്രതിഭജനസ്യ അതുകൊണ്ട് എങ്ങനെയാണോ പിപ്പലാദൻ ഭാരദ്വാജനോടും മറ്റും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇതാണ് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അവധാരണത്തിന് വേണ്ടി പറയുകയാണ് ശിഷ്യന് സംശയമാണ് ഇതിന് ഇത് മറ്റെന്തിനോടെങ്കിലും ബന്ധമുണ്ടോ എന്തുകൊണ്ടാണ് ശിഷ്യൻ അങ്ങനെ സംശയം വരുന്നത് നമുക്ക് സംശയം വരാത്തത് ഇവിടുത്തെ ശ്രോതാവ് വേദാധ്യനം ചെയ്തവന്നാണ് അവൻ ഈ അവനറിവുണ്ട് മീമാംസയെക്കുറിച്ചറിവുണ്ട് അവിടെ എങ്ങനെയാണോ ഇതിനെ ഓരോന്നിനും മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുന്നതെന്ന് അവനറിയാം ആ സംസ്കാരം അവന്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ അവൻ ഇവിടെ കാണുന്നു എന്താണ് സഹപഠിതമായ തപസ്സും വേദവും എല്ലാം കാണുന്നു അപ്പോൾ അവൻ സംശയിക്കുന്നെന്താണോ ഇതെല്ലാം ഈ ബ്രഹ്മവിദ്യയോട് ബന്ധപ്പെടുന്നതാണോ ബ്രഹ്മവിദ്യ ഫലത്തെ നൽകുന്നതിന് ഇതെല്ലാം ഇതിനോടൊപ്പം വേണമോ സംശയം വരുന്നു അത് ആ വൈദിക സംസ്കാരമുള്ളതുകൊണ്ട് അവന് അപ്പോൾ അവിടെ അതിന് അവധാരണാർത്ഥ ഉറപ്പിക്കുന്നതിന് വേണ്ടി ണില്ല ഈ ബ്രഹ്മവിദ്യ നിരപേക്ഷയാണോ അതൊന്നിനെ അപേക്ഷിക്കുന്നില്ല ആ ബ്രഹ്മ വിദ്യ പ്രകാശിച്ചോ അത് ഫലത്തെ ആവശ്യം കൊടുക്കും അതിന് പിന്നീട് തപസ്സോ കർമ്മമോ വേദമോ ഒന്നും അവിടെ ആവശ്യമില്ല അതുകൊണ്ട് പ്രശ്നപ്രതിഭജനസ്യ ബോധിന്റെ ഈ ചോദ്യോത്തരം ഇവിടെ യുക്കം തന്നെ ഏതാപത്തേവ ഈ ഉപനിഷു അന്യനിരപേക്ഷ അമൃതത്വായ ഇതുവരെ പറഞ്ഞു വന്നതിന്റെ പരമ താല്പര്യത്തിൽ പറയുന്നു ഈ ഉപനിഷതുക്ത ഇവിടെ പറഞ്ഞ ഈ ഉപനിഷത്ത് ഇതാണ് അതിന്റെ താല്പര്യം എന്താണ് അന്യനിരപേക്ഷ അമൃതത്വമായ അമൃതത്വത്തിന് മോക്ഷത്തിന് ഈ ഉപനിഷത്ത് ഈ ആത്മവിദ്യ നിരപേക്ഷയാണ് ഈ പനിഷത്ത് അതിനു മുമ്പ് ആ കർമ്മത്തെ സ്വീകരിക്കാം ഒരു സാധനം എന്നുള്ള നിലയ്ക്ക് ആ കർമ്മത്തെ തിരിക്കാം അതും ഒരു സാധനം എന്നുള്ള നിലയ്ക്ക് അത് ചിത്തശുദ്ധി അപേക്ഷിക്കുന്നു ചിത്തശുദ്ധിക്കു വേണ്ടി ആ കർമ്മത്തെ സ്വീകരിക്കാം അനുഷ്ഠിക്കാം അതാണ് വേദാധ്യയനം ചെയ്ത് ധർമ്മ ജിജ്ഞാസയ്ക്ക് ശേഷം അവൻ ദാഹസ്ഥീകരിക്കുന്നു എന്തിന് അവന്റെ ചിത്തശുദ്ധിക്ക് വേണ്ടി അവന് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ആ ചിത്തശുദ്ധി വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അവനുപേക്ഷിക്കുന്നു ആ കർമ്മങ്ങളെ സസാധന ഉപേക്ഷിക്കുന്നു പഴയ സമ്പ്രദായം അതാണ് ഇനി അവന് ചിത്തശുദ്ധിയാണ് അവൻ ചിത്ത അവന്റെ ചിത്തം ശുദ്ധമാണ് അവന് വേദാധ്യയനം ചെയ്യുമ്പോൾ തന്നെ വിവിധ ഉണ്ടാകുന്നു വിവിധിശയ്ക്ക് ചിത്തശുദ്ധി കാരണമാണ് വേദാധ്യയനം ചെയ്യുമ്പോൾ അവന് വിവിദിഷയാണ് ഉണ്ടാകുന്നു കർമ്മ ജിജ്ഞാസ അവന് ധർമ്മ ജിജ്ഞാസല്ല ഉണ്ടാകുന്നു ബ്രഹ്മ ജിജ്ഞാസയാണെങ്കിൽ അവനപ്പത്തന്നെ ധർമ്മത്തെ തെറ്റിക്കുന്നു രണ്ട് സംഭവിക്കാം വേദത്തിൽ ധർമ്മവും ബ്രഹ്മവും രണ്ടും ചർച്ചയ്ക്ക് വിഷയമാണ് ചിലർക്ക് ധർമ്മ ജിജ്ഞാസയുണ്ടാകുന്നു ധർമ്മ ജിജ്ഞാസയുണ്ടായാൽ അവൻ ഗൃഹസ്ഥർമ്മീകരിക്കുന്നു ബ്രഹ്മ ജിജ്ഞാസയാണ് അതിന്റെ ഫലമായി ഉണ്ടാകുന്നതെങ്കിൽ അവൻ ആ ധർമ്മത്തെ സ്വീകരിക്കുന്നില്ല ധർമ്മത്തെ സ്വീകരിച്ചിട്ട് പിന്നെ ഉപേക്ഷിക്കുന്നു അതെന്തുകൊണ്ടങ്ങനെ രണ്ടു തരത്തിൽ കാണുന്നു അത് ഇവിടെ ഭാഷകാരം പറഞ്ഞെന്താണ് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ അവൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അതുകൊണ്ടിതെല്ലാം തന്നെ നോക്കുന്നു ചിലർക്ക് ധർമ്മ ജിജ്ഞാസയുണ്ടാകുന്നു അവർ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു ധർമ്മത്തെ ത്യജിക്കുന്നു ചിലർക്ക് ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകുന്നു അവർ ധർമ്മത്തെ സ്വീകരിക്കാതെ ത്യജിക്കുന്നു ബ്രഹ്മചിര്യാവ ഗൃഹാത്മ വനാത്മ ശ്രുതി ഇതിനെല്ലാം പ്രമാണമായിരിക്കുന്ന അങ്ങനെയാണ് അത് ഏതായാലും ശരിയായി രണ്ടു കാര്യം ഇവിടെ വ്യക്തമായി പറയുന്നു ഒന്ന് ആത്മവിദ്യ അതിന്റെ ഉത്പത്തിയിൽ സർവത്തെയും ആശ്രയിക്കുന്നു കർമ്മത്തെയും മറ്റും ആശ്രയിക്കുന്നു മറ്റൊന്ന് അതതിന്റെ ഫലത്തിൽ ഒന്നിനെയും ആശ്രയിക്കുന്നുണ്ട മറ്റ് കർമ്മങ്ങളും മറ്റും നിൽക്കുന്നത് അധികാരി ഭേദമനുസരിച്ച് ചിലരങ്ങനെയുള്ള ധർമ്മ ജിജ്ഞാസ ഉണ്ടാവും അവന് അശ്വമേധം പോലെയുള്ള കർമ്മങ്ങളിൽ താല്പര്യമുണ്ടാകും അശ്വമേധം പോലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു സ്വർഗ്ഗപ്രാപ്തിക്ക് വേണ്ടി ഇന്ദ്രപദവിയും മറ്റും അവൻ നേടുന്നു അവന് ബ്രഹ്മജിജ്ഞാസയും ഉണ്ടാകുന്നു ജന്മാന്തരങ്ങളിൽ അവന് അജിജ്ഞാസുണ്ടാകുന്നു അങ്ങനെ ചിലർ സംഭവിക്കുന്നു മനുഷ്യർ അങ്ങനെയല്ല ധർമ്മ ജിജ്ഞാസയും ഉണ്ടാകുന്നു മാത്രം നിലനിന്ന് അങ്ങനെ വരുമ്പോൾ അവന്റെ ആശ്രമധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അത് മുഖ്യമാണ് സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കേണ്ടതിനെ അനുഷ്ഠിക്കുന്നു ത്യജിക്കേണ്ടതിനെ ത്യജിക്കുന്നു രണ്ട് സംഭവങ്ങൾ സ്വധർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ടതും ത്യജിക്കേണ്ടതുണ്ട് പരധർമ്മത്തെ ത്യജിക്കുന്നു ബ്രഹ്മചാരി ഗൃഹസ്ഥ ധർമ്മത്തെ ത്യജിക്കുന്നു സ്വധർമ്മമായി അനുഷ്ഠിക്കേണ്ടതിന് സ്വീകരിക്കുന്നു അതൊരു വഴി ആ പോകും അങ്ങനെ പോകും അത് ഏതായനുസരി ഈ പറയുന്ന തപസ്സും മറ്റു കാര്യങ്ങളും എല്ലാം ബ്രഹ്മവിദ്യയുടെ ഉത്പത്തിക്ക് വേണ്ടിയാണ് ബ്രഹ്മചാരി ബ്രഹ്മചര്യം പോലെയുള്ള തപസ് അതനുഷ്ഠിക്കുന്നു മറ്റുള്ള ഭാമ്യകർമ്മങ്ങളെത്തുന്നു സ്വർഗഫലത്തെയും മറ്റും കൊടുക്കുന്ന കർമ്മങ്ങളെ തേജിക്കുന്നു പക്ഷെ തപസ് ദമാറയുന്നു അതെല്ലാം അനുഷ്ഠിക്കുന്നു അതയാളുടെ സ്വധർമ്മമായിരിക്കുന്നുണ്ട് അതനുഷ്ഠിക്കുന്നു ഗൃഹസ്ഥനങ്ങനെയുണ്ട് അവൻ്റെ സ്വധർമ്മമായിരിക്കുന്നതിനനുഷ്ഠിക്കുന്നു രണ്ടായാലും ആ വിവിധിക്ഷയുടെ കൂടുത്തിൽ തത്വജ്ഞാനം ഉണ്ടായി മോക്ഷിക്കുന്നു അതാണ് പറഞ്ഞത് അന്യനിരപേക്ഷ അമൃതത്വത്തിന് മോക്ഷപ്രാപ്തിക്ക് ആത്മവിദ്യ അന്യനിരപേക്ഷയാണ് ഇതിനെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അവിടെ സംശയം വരുന്നത് ഓരോ ധർമ്മ എവിടെ നിൽക്കുന്നു ആരനുഷ്ഠിക്കുന്നു അതിന്റെ ഫലം എന്താണ് ത്യാഗം അതെവിടെയാണ് എന്തിനാണ് ത്യജിക്കുന്നത് ഇതല്ല ഇവിടെയെല്ലാം ചർച്ച ചെയ്യുന്നത് വൈദിക ധർമ്മവ്യവസ്ഥതി അനുസരിച്ച് ഇന്നത്തെ ഇതനുസരിച്ചല്ലാ രീതി നമുക്ക് ചിന്തിക്കാൻ വയ്യ അത് സ്വധർമ്മം അനുസരിച്ച് അതാണ് പറയുന്നത് സ്വധർമ്മം കർമ്മം എന്ന് പറയുന്നത് എന്ത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം അല്ല വൈദികമായ കർമ്മം രണ്ടു തരത്തില് പറയുന്നു ഇവിടെ പറയുന്നത് ഞാനും ഉത്പത്തിക്ക് തന്നെ സഹകാരിയായിരിക്കുന്നു എന്നാണ് ഉത്പത്തി വരെ വൈദികമായ എല്ലാ ധർമ്മവും വേണമെന്നല്ല പറയുന്നു ഞാനും ഉത്പത്തി വരെ കാരണം കാമ്യ കർമ്മങ്ങൾ അതനുഷ്ഠിച്ചാൽ വീണ്ടും കാമനകൾ വർധിക്കും അപ്പം അത് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല നിഷിദ്ധകർമ്മങ്ങൾ അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം സ്വീകരിക്കാൻ പറ്റത്തില്ല പിന്നെ നിത്യനിയമിത്യങ്ങൾ മാത്രം അനുഷ്ഠിക്കുക അതിൽ തന്നെ ധർമ്മം അനുസരിച്ച് ധർമ്മം വേറെ ബ്രഹ്മചാരിയുടെ ധർമ്മം വേറെ അതനുഷ്ഠിച്ച് അതനുസരിച്ച് അനുഷ്ഠിക്കുന്നു അതനുഷ്ഠിക്കണമെന്ന് തന്നെയാണ് പറയുന്നു ജ്ഞാനപ്രാപ്തി വരെ അതനുഷ്ഠിക്കാം അതിൽ പറയുന്നു അതിൽ മുഖ്യമായിരിക്കുന്ന വിവിധിശ ആ വിവിധിശ ഉണ്ടാവുമ്പോ പിന്നെ എന്തു ചെയ്യണം വിവിധിശ ഉണ്ടാവുമ്പോ കർമ്മത്തിൽ ത്യജിക്കുന്നു കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതിനെ തിരിക്കുന്നു സ്വധർമ്മത്തിനനുസരിച്ച് എന്താണോ അനുഷ്ഠിക്കേണ്ടത് അത് സ്വീകരിക്കുന്നു എന്താണോ യജ്ഞോ ദാന തപകർമ്മ പാവനാനി മനുഷ്യന അതിൽ മനുഷ്യനെ പാവനമാക്കണം വീര് പതിനെട്ടാം അധ്യായത്തിൽ ചർച്ച ചെയ്ത അതേ തന്നെ യജ്ഞം എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള യജ്ഞം ഗീത പതിനെട്ട് അധ്യായം കേട്ടോ എന്റെ ഞാൻ നിരപരാധിയാണ് അവിടെ പറയുന്നുണ്ട് നിത്യ അഗ്നിഹോത്രം എന്ന് പറയുന്നതും യജ്ഞമാണ് പക്ഷെ അത് വിശേഷിച്ച് ഫലത്തെ കൊടുക്കുന്നതല്ല വൈദികമായ കർമ്മങ്ങളിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് വേദത്തിൽ തന്നെ നിത്യ അഗ്നിഹോത്രത്തെ പറഞ്ഞു പക്ഷെ ഫലം പറഞ്ഞില്ല ഇന്നിപ്പോ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ശരിയാണ് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഞാൻ പറഞ്ഞല്ലോ ഒരു സമൂഹം ആ സമൂഹത്തിനോടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇതിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ ഇത് പ്രയോജനമില്ലാതായി തീ ബ്രഹ്മചാരിക്ക് അനുഷ്ഠിക്കാൻ കർമ്മങ്ങളുണ്ട് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ബ്രഹ്മചാരിയാവുന്നതല്ല അന്നങ്ങനെ ആയിരുന്നില്ല അന്ന് ഉപനയനം ചെയ്ത് വേദാധ്യനത്തിലാണ് ബ്രഹ്മചാരി വേദാധ്യനത്തിലൂടെ ബ്രഹ്മചര്യത്തിൽ പ്രവേശിക്കുന്നു അവിടെ കാമ്യകർമ്മങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അവൻ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നു അതും അവനിൽ വ്യൂദിഷ ഉണ്ടാവുമ്പോൾ അവൻ അതിനെ ഉപേക്ഷിക്കുന്നു മുഖ്യം കർമ്മത്തെ എവിടെ ത്യജിക്കണമെന്നുള്ളതാണ് ഇവിടെ പ്രശംസം ആ ചിത്തശുദ്ധി ആശ്രയിച്ചിരിക്കുന്നു എവിടെയും ത്യജിക്കാം ബ്രഹ്മ ഏരിയത്തിലും ത്യജിക്കാം കാരണസ്യത്തിനും ത്യജിക്കാം അതാണ് ഞാൻ ആജ്ഞവൽക്കരണ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഭാര്യയും കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ചതാണ് ഞാനെല്ലാം ഉപയോഗിച്ചിറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിക്കുന്നു അല്ല ബ്രഹ്മചര്യത്തിൽ നിന്ന് വേണമെങ്കിലും തിരിക്കണം ഞാൻ ചിത്രശുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ കർമ്മ രംഗവുമായിട്ട് തന്നെ ബന്ധപ്പെടുത്താൻ നിവർത്തിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ കർമ്മം അനുഷ്ഠിക്കേണ്ടി എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നു ഇന്നും അനുഷ്ഠിക്കേണ്ടതുണ്ട് തപ ഇവിടെ പറയും ബ്രഹ്മചര്യം തുടങ്ങിയവ തപസ് അതൊരനുഷ്ഠാനമാണ് അതൊരനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് അത്തരം തപസ്സനുഷ്ഠിക്കുന്നു ഇവിടെ ഉപാസനകളെ കുറിച്ച് പറയുന്നു അനുഷ്ഠിക്കുന്നു അതെല്ലാം കർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് അതെല്ലാം ഞാൻ ഉത്പത്തിക്ക് സഹായിക്കുന്നു അതുകൊണ്ടതെല്ലാം അനുഷ്ഠിക്കുന്നു ഇന്നത്തെ സാഹചര്യം ഇപ്പോൾ തപസ്സെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ എന്തിനു തപസ്സം നടന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നിസ്വാർത്ഥ കർമ്മങ്ങൾ എല്ലാം തപസ്സാണ് സ്വാർത്ഥതയില്ലാത്തതുകൊണ്ട് തപസ്സാണ് കാമനകളില്ലാത്തതുകൊണ്ട് അതൊക്കെ തപസ്സാണ് അങ്ങനെയുള്ള കർമ്മങ്ങൾ അതിനെടുക്കാൻ പറ്റും കാലാനുസൃതമായി മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ അപ്പോൾ അതനുഷ്ഠിക്കുന്നു അപ്പം അത് ത്യജിക്കണമോ എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ആ വിവിദിശ പൂർണ്ണമാണ് അയാളുടെ അന്തരംഗത്തിൽ രാഗദ്വേഷങ്ങളൊന്നുമില്ലാതെ ചിത്രശുദ്ധി അതിൽ തീർച്ചയായും അതുമനുഷ്ഠിക്കേണ്ട കാര്യമില്ല അത് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യവും കർമ്മങ്ങളിൽ നിന്നും അയാൾ മുക്തനാകും ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു പിന്നെ അത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞതുപോലെ വറുത്തേ ഈ വച്ച കർമ്മങ്ങൾ ഞാനത് ആ കർമ്മങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു വീണ്ടും ചെയ്യാം ഇതെല്ലാം സമഗ്രമായി മനസ്സിലാക്കുക നമ്മൾ സംശയം തീരും പിന്നെ കർമ്മത്തെ ഉപേക്ഷിക്കാം സുഖ ബ്രഹ്മർശിപ്പ് കർമ്മങ്ങളൊന്നും ഇല്ലാതിരിക്കാം ജനഗനത്തുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാം പലതരത്തിലുമാകാം എല്ലാത്തിനും പ്രമാണങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വിശദമായി ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്തതാണ് അത് പതിനെട്ട് അധ്യായവും ക്ഷമയോടുകൂടി കേൾക്കുക സർവ്വ ചോദ്യങ്ങൾക്ക് ഇവിടെ സമാധാനമുണ്ട് അതിന് വീണ്ടും ഇവിടെ ആവർത്തിക്കാനൊക്കെ തന്നെ രണ്ടു മൂന്ന് വർഷങ്ങൾ ചെയ്ത പണിയത് അത് അത്യാവശ്യമാണ് ഭഗവത്ഗീത പതിനെട്ട് അധ്യായവും വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നു അവിടെ ഇതിനെല്ലാം സമാധാനമുള്ള കർമ്മവും അവർ ത്യജിക്കുന്നു അവരനുഷ്ഠിക്കുന്നു എന്താണ് സന്യാസം പതിനെട്ടാം അധ്യായത്തിൽ വിശേഷിച്ച് കർമ്മങ്ങളെ ധരിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അത് ചിത്രശുദ്ധി പവനാനി മനുഷ്യണോ എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങൾ നമ്മളതെല്ലാം വിശദീകരിച്ചാണ് അതുകൊണ്ടിവിടെ ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല വിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ പറയുന്നത് വളരെ അദ്വൈതത്തിൽ വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വിദ്യ നിരപേക്ഷയാണോ സാപേക്ഷയാണോ അത് ഒരേ സമയം സാപേക്ഷയും നിരപേക്ഷയുമാണ് എന്റെ ഉത്പത്തിയിൽ അത് സർവത്തെ അപേക്ഷിക്കുന്നു ഫലത്തിൽ അതൊന്നിനെയും അപേക്ഷിക്കുന്നില്ല അപ്പം കർമ്മങ്ങളും അതുമായിട്ടുള്ള സമുച്ചയം കർമ്മങ്ങൾക്കോ ഉപാസനകൾക്കോ തപസിനോ ഒന്നും അവരുടെ സമ സമുച്ചയുമില്ല സർവത്തിനും കമമായ സമസയം സർവാപേക്ഷാതിശൃതൈരാശ്രവീം വാവ ഉപനിഷ്രൂമേതി തോദമ കർമ്മേ പ്രതിഷ വേദ സർ സത്യം ആയതോ വേദം വേദ अपहत्य अपहतेनम लोके ये ये प्रतिषति प्रतिषति